കസ്മയേന വിഭാസിമോ ജാന പ്രദീപുരാ തദ്രൂപേണ ജനാരദായനയേ കൃഷ്ണ തദ്രൂപ യോഗീന്ദ്രാ തത്മന്രാത കാരുണ്യതഹ തക്ഷുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമി കൃഷ്ണ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനാശ ഗോവിന്യ നമോ നമ കൃഷ്ണ വാസുദേവ ദനഗോപകുമാരാവിന് നമോ നമ നമു പങ്കജനഭയ നമ പങ്കജമാലി നമ പങ്കജ നേത്രയ നമസ്തേ പങ്കജാഗ്രയേ കഥിതോ വംശവിസ്തസൂര്യോ രാജാ ച ഉഭയവശ്യം സരിതം പരമാദ്ുശർമ്മശീല നിതരാസത്തണ വിഷണു വീരശംസർരുപഹീയമാന ൗഷധോത്രമോഭിരാ കൗത്തമ ശ്ലോകഗുണാ പുൻ വിരജ്യേത വിന പശുഘ്ന പഹാ സമരെ മരഞ്ജയൈ ദവ്രതയധിരൈത്തിമംഗലൈതരന് വത്സപദം സ്മയത്പ്ല ുരം കൗരവസൈന്യസാഗരം കരൺ വത്സപദം സ്മയപ്ലവാഹ്യസ്ത്ര വിപ്ലുഷ്ടദീജം കുരുപാ ജുഗോപക്ഷി ആത്തചക്തുശ്രമേയ ഗതാഹ വീര്യാണിതേഹാഗാമന്തൂപീ പ്രയക്ഷതോ മൃത്യുതം മായാമനുഷ്യദ്വൻ പരീക്ഷിത് നവമസ്കന്ധപര്യന്തമുള്ള ഉപാഖ്യാനങ്ങളും ഉപദേശങ്ങളും ഒക്കെ കേട്ട് ശ്രീ ശുഭബ്രഹ്മ മഹർഷിയോട് കൃഷ്ണകഥ പറയാനായിട്ട് ചോദിക്കുകയാണ് നവമസ്കന്ധത്തിന്റെ അവസാനം കൃഷ്ണകഥയെ വളരെ സംഗ്രഹിച്ചു പറഞ്ഞു സമാസമായിട്ട് പറഞ്ഞു സമാസവ്യാസ പദ്ധതി സമാസം ചുരുക്കി പറയുക വിസ്തരിച്ച് പറയുന്നത് വ്യാസം ഇപ്പൊ വിസ്തരിച്ച് പറയുക കൃഷ്ണകഥ കേൾക്കാൻ ഔത്സുഖ്യമുണ്ടോ എന്ന് പരീക്ഷിക്കാനോ എന്നുള്ള മറ്റുള്ള ശുഖാചാര്യർ നവമസ്കന്ധത്തിൽ കൃഷ്ണകഥയെ വളരെ കുറച്ച് പറഞ്ഞു സൂചിപ്പിച്ചുകൊണ്ടുപോയി അപ്പോഴാണ് പരീക്ഷത്തിൽ ചോദിക്കുന്നത് ബാക്കിയുള്ള കഥകളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു കഥിതോ ഭവതാ സോമസൂര്യോ സോമവംശത്തിലും സൂര്യവംശത്തിലും ജനിച്ച രാജാക്കന്മാരുടെ കഥയൊക്കെ വിസ്തരിച്ചു പറഞ്ഞു യദുവംശത്തിൽ യദുമഹാരാജാവിനെക്കുറിച്ച് പറഞ്ഞു അവിടെ അവതീർണസ്യ വിഷ്ണോ വീര്യാണീ ശംസനഹ വിഷ്ണുവിനെക്കുറിച്ച് വിഷ്ണു ലീലകളെ കുറിച്ച് പറയാ ഭഗവത് ലീലകളെ കുറിച്ച് പറയാം വിഷ്ണുർവീര്യാണി എന്നുള്ളത് വൈദികമായ പ്രയോഗമാണ് ഭഗവാനെക്കുറിച്ച് പറയാം എന്ന് പരീക്ഷിച്ച് ചോദിച്ചു ഇത്രയും ദിവസമായിട്ട് കേൾക്കണമല്ലോ കേട്ടതൊന്നും പോരെ എന്ന് വെച്ചാൽ ആർക്കാ മതിയാവാം നിവൃത്തദർശൈ ഉപഗീയമാനാ ഭവദാത് ശ്രോത്രമനോഭിരാത് ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗം വരുമ്പോൾ ഔഷധം കഴിക്കണം ഔഷധം വായിലൂടെ അകത്തേക്കാക്കണം അത് ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തും ഇപ്പോ ശരീരത്തിലല്ല രോഗം രോഗം മനസ്സിലാണ് അജ്ഞാനമാണ് രോഗം ഇതിനെന്താ മരുന്ന് ഭവൌഷാത് ശ്രോത്ര മനോഭിരാമാോത്രത്തിലൂടെ ചെവിയിലൂടെ ഈ ഭഗവത് കഥകൾ ചെന്ന് ശുദ്ധമാക്കണം ആ ഭഗവത് കഥകളിൽ രുചിയില്ലാതായി തീർന്നാൽ അവൻ പശുഗ്രഹ ഗോഹത്യ ചെയ്യുന്ന മഹാഭാബിയായിരിക്കണം ഏത് കൃഷ്ണകഥയാ പറയേണ്ടത് എന്താ ഭഗവാനെ അങ്ങനെ ചോദിക്കണം എന്റെ മുത്തശ്ശന്മാർ പിതാമഹാഹ അവന് കൗരവ സൈന്യം എന്നുള്ള സാഗരം ആ സാഗരത്തിൽ ഭീഷ്മർ മുതലായിട്ടുള്ള തിമിങ്കലങ്ങളുള്ള ആ കടല് ഏത് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് പശുവിന്റെ കുളമ്പടി പോലെ ആക്കി തീർത്തുവോ എളുപ്പത്തിൽ തരണം ചെയ്തു ആ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു തരുമോ അപ്പോഴും തൃപ്തിയായില്ല ഗുരുവായൂരപ്പനെ കുറിച്ച് പറയൂ എന്ന് വെച്ചാൽ ഏത് ഗുരുവായൂരപ്പൻ ചോദിച്ചാൽ ഞങ്ങളുടെ മുത്തശ്ശൻ പണ്ടെപ്പോഴോ ഗുരുവായൂർക്ക് പോയിട്ടുണ്ടത്രേ മുത്തശ്ശന് എന്തോ വിഷമം വന്നപ്പോ സഹായിച്ചിട്ടുണ്ട് ആ ഗുരുവായൂരപ്പൻ വെച്ചാൽ എനിക്കും ഗുരുവായൂരപ്പൻ ഒരു ബന്ധമില്ല അപ്പൊ മുത്തശ്ശന്മാർക്ക് ഭഗവാൻ സഹായിച്ചു അ കാര്യം താങ്കൾക്ക് കൃഷ്ണാനുഭവമില്ലേ എന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ മുഖം കാണുന്നതിന് മുമ്പ് ഞാൻ കൃഷ്ണനെയാണ് കണ്ടത് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ പറഞ്ഞു ഉത്തര ചെന്ന് വീണ് നമസ്കരിച്ചപ്പോ അശ്വത്ഥാമാവിന്റെ അസ്ത്രം കൊണ്ട് ബാധിക്കപ്പെട്ട ഞാൻ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടവിധം സന്താന ബീജം ഗുരു പാണ്ഡവാനാം കൗരവന്മാർക്കും പാണ്ഡവന്മാർക്കും ഒരേ വിത്ത് യുഗോപകുക്ഷിംഗത ആത്തചക്ര മാഷമേയ ശരണം എന്റെ മാതാവ് ശരണാഗതി ചെയ്തു ഗർഭത്തില് ഭഗവാൻ എന്നെ രക്ഷിച്ചു ഞാനിതാ ഭാഗവതം കേൾക്കണം അപ്പോ വ്യക്തിഗതമായി ബന്ധമായി എന്നാലും പോരാ ഭക് മാം അഭിജാതി യാവാൻ യസ്മി തത്വ ഭഗവാൻ പറയുന്നു ഭക്തിയില് ഭക്തി ആരംഭിക്കുമ്പോൾ ഭഗവാനെ ഒരു മൂർത്തിയായിട്ടും ഒരു വ്യക്തിയായിട്ടും ഒക്കെ കാണുന്നുവെങ്കിലും ആ ഭക്തി നമുക്ക് ഭഗവാന്റെ ആന്തരികമായ ഭാവത്തിനെ പരിചയപ്പെടുത്തി തരും അപ്പൊ അല്പം കൂടെ പരീക്ഷത്തിനെ പറയാനായിട്ട് സുഖബ്രഹ്മ മഹർഷി പറഞ്ഞു ഭഗവാൻ ആരാണ് എന്ന് വെച്ചാൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ പ്രപഞ്ചം കാണുന്നു കണ്ണടച്ച് ധ്യാനത്തിലിരുന്നാൾ ആത്മാ കാണുന്നു ഈ പ്രപഞ്ചാകാരത്തിൽ ഇരിക്കുന്നതും അവൻ തന്നെ ഉള്ളിൽ ആത്മസ്വരൂപിയായി ഇരിക്കുന്നതും അവൻ തന്നെ കണ്ണു തുറക്കുമ്പോ പുറമേക്ക് പ്രപഞ്ചമായിട്ടും കണ്ണടയ്ക്കുമ്പോ ഉള്ളിൽ ആത്മസ്വരൂപിയായിട്ടും ഇരിക്കുന്നത് അവൻ തന്നെ പ്രപഞ്ചാകാരമായിട്ടുള്ള ഭഗവാനെ കണ്ടാ പോരേ എന്ന് വച്ചാൽ പുറമേക്ക് കാണുന്നത് മൃത്യു എവിടെ നോക്കിയാലും മൃത്യുവും മൃത്യുവും മൃത്യു മൃത്യുവും അമൃതവും ഭഗവാൻ പറയണു എന്റെ രണ്ട് വശങ്ങളാണെന്നാണ് പൃഷ്ഠത്തിൽ മൃത്യു മുൻവശത്ത് അമൃതം അമൃതം ദൈവ മൃത്യുഹൂ മൃത്യുശ്ച മൃത്യോർമ അമൃതംഗമയാൽ ബഹിർമുഖമായ മനസ്സിനെ സ്വരൂപത്തിൽ നിർത്തൂ എന്നാണ് അർത്ഥം തപസോമാ ജ്യോതിർഗമയ ജടമാണ് ഇരുട്ട് ജഡത്തിന് താനുണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് അതിന് ഇരുട്ടെന്ന് പേര് സ്വയം പ്രകാശിക്കുന്ന ബോധമാണ് ജ്യോതി അസത്തോമാ സദ്ഗമയ ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിലേക്ക് അപ്പോൾ ബഹിർദൃഷ്ടിയായി നോക്കുന്നവന് സർവത്ര മൃത്യു മൃത്യുഹു ധാവതി എന്നാണ് ഓടി നടക്കണമെന്നാണ് മൃത്യു ലോകത്തിൽ ആ മൃത്യുവും ഭഗവാൻ തന്നെ എന്നാൽ മൃത്യുവിനെ കണ്ടാ പോരെ മൃത്യുവിനെ കണ്ട എല്ലാവരും ഇരിക്കുന്നത് അതുപോലെ അമൃതം ചെയ്യ മൃത്യുശ്ചം പ്രയച്ചതോ മൃത്യു ഉതാമൃതം ബഹിർദൃഷ്ടികൾക്ക് ഭഗവാൻ മൃത്യുവിനെ കൊടുക്കുന്നു അന്തർദൃഷ്ടികൾക്ക് ഭഗവാൻ അമൃതാനുഭവത്തിനെ കൊടുക്കുന്നു അതുകൊണ്ട് അന്തൽ ദൃഷ്ടികൾക്ക് ഹൃദയത്തിൽ പ്രകാശിക്കുന്ന അമൃതസ്വരൂപിയായ ആത്മാവും ആ ഭഗവാനാണ് പുറമേക്ക് മൃത്യുരൂപത്തിൽ പ്രപഞ്ചരൂപത്തിൽ പ്രകാശിക്കുന്നതും ആ ഭഗവാനാണ് പുറമേക്ക് എന്റെ മുമ്പിൽ സദ്ഗുരുവായി ശ്രീസുഖബ്രഹ്മ മഹർഷിയായി ഇരിക്കുന്നതും ആ ഭഗവാനാണ് ആ ഉപദേശം സ്വീകരിച്ച് ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ബോധവും ഭഗവാനാണ് അപ്പൊ പുറമേ കാണുന്ന പ്രപഞ്ചത്തിൽ നിന്നും കാണുന്നവനിലേക്ക് ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക് ജഡത്തിൽ നിന്നും ചൈതന്യത്തിലേക്ക് ബോധത്തിലേക്ക് ഇതം പദാർത്ഥത്തിൽ നിന്നും അഹം പദാർത്ഥത്തിലേക്കും ഈ ഒരു പ്രവാഹം പ്രത്യക്പ്രവാഹം ഈ പ്രത്യക്പ്രവാഹമാണ് ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള വഴി സദ്ഗുരുവോ ശാസ്ത്രമോ ചെയ്യുന്നത് എന്താ ബഹിർമുഖവുമായിട്ട് നടക്കുന്ന മനസ്സിനെ തട്ടിക്കൂട്ടി ഉള്ളിലേക്കാക്കും അന്തർമുഖമായ മനസ്സിനെ ഹൃദയത്തിലിരിക്കുന്ന ആ ഗുരുതത്വം അഥവാ ഭഗവത് തത്വം തന്നെ ആകർഷിച്ച് ഹൃദയത്തിലേക്ക് അടക്കും ശ്രീശുഖബപ്രഹ്മ മഹർഷി ഭാഗവത ഉപദേശം ചെയ്യുന്നത് എന്തിനാണ് മനസ്സിനെ ശരീരത്തിൽ നിന്നും എടുത്ത സ്വരൂപത്തിൽ ഇരുത്തണം ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം പാമ്പ് കടിക്കും അത് പരീക്ഷത്തിനെ മാത്രമല്ല നമ്മളെ ഒക്കെ കടിക്കും പാമ്പ് അദ്ദേഹത്തിന് ഏഴു ദിവസം എന്താ അപ്പൊ ഈ ദിവസം എല്ലാവർക്കും ഏഴു ദിവസം തന്നെ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഈ ഏഴ് ദിവസത്തിൽ എന്തെങ്കിലും ഒരു ദിവസം തന്നെ കടിക്കണം എന്താ പാമ്പ് മൃത്യു മൃത്യുവോ മൃത്യു വ്യാഴഭീത മൃത്യു മരണം അപ്പൊ ശരീരം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഒക്കില്ല അതുകൊണ്ട് സത്സംഗത്തിന്റെ പ്രയോജനം എന്താ ശരീരത്തിൽ നിന്നും സ്വരൂപത്തിലേക്ക് ദൃഷ്ടി ശരീരത്തിൽ നിന്നും സ്വരൂപത്തിലേക്ക് തിരിയുക എന്നുള്ളത് ഒരു സാധന കൊണ്ട് സാധ്യമല്ല എന്താന്ന് വെച്ചാൽ സാധനമൊക്കെ ശരീരം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെ സാധിക്കും എല്ലാ സാധനയും ശരീരം കൊണ്ടാണ് മനസ്സുകൊണ്ടാണ് ചെയ്യുന്നത് ഉപാധികൾ കൊണ്ടാണ് ചെയ്യുന്നത് ഉപാധികൾ കൊണ്ട് ചെയ്യുന്നിടത്തോളം ഉപാധിയോടുള്ള സംബന്ധ വിച്ഛേദം സാധ്യമല്ല ഉപാധിയുമായി സംബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം ഉപാധിയോടുള്ള സംബന്ധ സാധ്യമല്ല അപ്പൊ നമ്മളുടെ സാധനമൊക്കെ എന്തിനാ സാധനൊക്കെ ചിത്തശുദ്ധിക്കും ചിത്തശുദ്ധമായാലോ ശ്രവണം കൊണ്ട് ഉപാധിയിൽ നിന്ന് വേർപെരിയും അതാണ് സദ്യോഹൃതി അവരുദ്ധ്യതേത്രൃതി ബി ശുശ്രൂഷ തണാത്ത് കേട്ടുകൊണ്ടേയിരിക്കുമ്പോ അതാണ് ശ്രവണത്തിന് ഇത്രയും പ്രാമുഖ്യം ശ്രവണം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോ കേൾക്കുന്ന ആളുടെ അഹങ്കാരമൊന്നും പ്രവർത്തിക്കില്ലല്ലോ ഒരു സാധനമൊന്നും ചെയ്യുന്നില്ല കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ ശ്രവണ സന്ദർഭത്തിൽ കഴുത്തിലും ആനയുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കുന്ന പോലെ ഈ ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞ് ഞാൻ ഉണ്ട് ആത്മസ്വരൂപിയായ ഞാൻ ഉണ്ട് എന്നുള്ളത് ക്രമേണ ഉദ്ദീപ്തമാകും ശ്രവണാതിപിഹി ഉദ്ദീപ്തജ്ഞാനാഗ്നി പരിതാപിത ജീവസർവമലം തെക്വാ സ്വർണവത് ദ്യോതത്തെ സ്വയം ശ്രവണം കൊണ്ട് ഉദ്ദീപ്തമായ ജ്ഞാനമാകുന്ന അഗ്നി ശ്രവണം ചെയ്യേ ചെയ്യേ ചെയ്യേ ഉള്ളില് ഒരു ഒരശൽ അരണി ആചാര്യാക്യ അധരസ്ഥാരണി സമനമിളത് ശിഷ്യസജ്ഞോത്തരാരണി ആവേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നാ ദഹ്യമാനേ കർമാളി നാരായണീയത്തില് മഠതിരി പറയണം ഒരു സത്സംഗത്തിൽ എന്താ സംഭവിക്കുന്നത് ആചാര്യൻ ഒരണി ശിഷ്യൻ ഒരരണിയും അഥവാ ആ വക്താവ് ഒരണിയും ശ്രോതാവ് ഒരണി രണ്ടും കൂടെ ഒരശ ഒരശുമ്പോ അരണിക്കോളുകൾ വെച്ച് ഒരശുമ്പോ അഗ്നി ഉണ്ടാവുന്ന പോലെ ആവേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാണ് ആ ബോ സ്ഫുടമായ ബോധമാവുന്ന അഗ്നി ഉജ്വലിക്കും ആ ബോധമാവുന്ന അഗ്നി എന്ത് ചെയ്യും കർമാണി കർമ്മക്കൂട്ടങ്ങളെയൊക്കെ എരിച്ചിളും വാസനകളെയൊക്കെ എരിച്ചിളും ഇനി അരിക്കാനൊന്നും ബാക്കിയില്ലാതാവുമ്പോ അഗ്നി സ്വയമേവ അടങ്ങും അപ്പൊ സ്വരൂപം പ്രകാശിക്കും ശാന്തി ഉണ്ടാവും സമാധിസ്ഥിതി ഉണ്ടാവും സമാധി സുഖാനുഭവം ഉണ്ടാവും അതുകൊണ്ടാണ് പരീക്ഷിച്ച് ഭഗവാനോട് ശ്രീസുഖബ്രഹ്മ മഹർഷിയോട് പിന്നെയും പ്രാർത്ഥിക്കുന്നത് എനിക്ക് കൃഷ്ണകഥ പറഞ്ഞു തരൂ കൃഷ്ണൻ സ്വരൂപമാണ് കൃഷ്ണൻ അകമയ്ക്ക് എന്റെ ഉള്ളിൽ അമൃതാനുഭവമായി അപ്പൊപ്പ തെളിഞ്ഞു വരുന്നു കൃഷ്ണൻ ശരീരം ഞാനല്ല എന്നുള്ള തത്വം കൂടുതൽ കൂടുതൽ കൂടുതൽ തെളിവായിക്കൊണ്ടിരിക്കുന്നു ഏഴാമത്തെ ദിവസം എടുക്കും തോറും പരീക്ഷത്തിന് ഞാനുഭവം തെളിഞ്ഞു തെളിഞ്ഞ് പ്രകാശിക്കാം അത് പറയുന്നതോറും മനസ്സ് ശരീരത്തിൽ നിന്ന് സ്വരൂപത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് അവിടുന്ന് പറയുക ഞാൻ കേൾക്കട്ടെ ഏവം നിശമ്യ പരീക്ഷത്ത് പറയുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കണം എന്നുള്ള ആഗ്രഹമില്ല ഊണ് കഴിക്കണമെന്നുള്ള ആഗ്രഹമില്ല അതിൽ പോലും സംബന്ധം ശരീരത്തിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടു കൊതാണ് ജലപാനത്തിൽ ആഗ്രഹമില്ല ഊണ് കഴിക്കുന്നതിൽ ആഗ്രഹമില്ല നൈഷ അതിദുസ്സഹ ക്ഷുണ്ം തെക്തോദം അഭിബാധതേ പിബന്തം തൊന്മുഖാംബോജക്ഷുതം ഹരികഥാമൃതം ജലപാനം പോലും ചെയ്യാതെ ഊണ് കഴിക്കുന്നതിൽ ശ്രദ്ധയില്ലാതെ ഇരിക്കുകയാണ് എന്താ ഞാനിതാ പാനം ചെയ്യുന്നുണ്ടല്ലോ ഹരികഥാമൃതം പിബന്തം ത്വന്മുഖാംബോജക്ഷുതം ഹരികഥാമൃതം ഇത്രയും കേട്ട് ഏവം നിശമ്യ ഭൃഗുനന്ദനാധുവാദം വസ ഭഗവാൻ അഥ വിഷ്ണുരാതം പ്രത്യക്ഷ കൃഷ്ണചരിതം കലിക്കൽമശ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന ഭാഗവത പ്രധാനനായിട്ടുള്ള ശ്രീശുഖബ്രഹ്മമഹർഷി ഭാഗവത പ്രധാനമായിട്ടുള്ള ദശമസ്കന്ധത്തിനെ വ്യാഹർത്തുമാരഭത പറയാനായിട്ട് ആരംഭിച്ചു ആദ്യമായി പരീക്ഷത്തിനോട് പറഞ്ഞു ഹേ രാജരിഷി അങ്ങിപ്പോ പൂർണ്ണമായി ഋഷിയായി തീർന്നിരിക്കുന്നു വരവും പോക്കുമുള്ള ഒരു രുചിയല്ല നിഷ്ഠ എന്ന് വെച്ചാൽ തുടർന്നുള്ള സ്ഥിതിക്ക് നിഷ്ഠ ഒരു ദിവസം കുറച്ച് നാമം ജപിച്ചു പിന്നെ അടുത്ത അമ്മാവാസ ദിവസം ജപിച്ചു അല്ലെങ്കിൽ അടുത്ത വർഷം ജൂൺ മാസം ജപിച്ചു എന്ന് വെച്ചാൽ നിഷ്ഠയല്ല നിഷ്ഠ എന്ന് വെച്ചാൽ തുടർന്ന് ദീർഘകാല നൈരന്തര്യ സത്കാര ആദര ആ സേവിതോമിന്ന് ദീർഘകാല നൈരന്തര്യ ദീർഘകാലം നിരന്തരം സത്കാരപൂർവകം ആദരവ് പൂർവം സേവിക്കുമ്പോ ദൃഢമായിട്ട് തീരും അങ്ങനെയുള്ള ഒരു അനുഷ്ഠാന പദ്ധതിക്കാണ് നിഷ്ഠാൻ പേര് ഇപ്പൊ ഇവിടെ പരീക്ഷത്തിന് ഭഗവത് കഥാശ്രവണത്തിൽ നിഷ്ഠയുണ്ടായിരിക്കണമെന്നാണ് അല്പം നേരത്തേക്ക് അല്പരുചി കുറച്ചുനേരം ഒരു രുചിയുണ്ട് പിന്നെ വാച്ച് നോക്കി വേറെ പണിയുണ്ട് പോയി അങ്ങനെ ഇല്ലാന്നാണ് നൈഷ്ഠികീരത്തി നൈഷ്ഠികീരത്തി തുടർന്നുള്ള ശ്രവണ രുചി ഏർപ്പെട്ടിരിക്കുന്നു ശ്രവണ രുചി ഏർപ്പെട്ടാൽ ജീവൻ വളരെ ഉയർന്ന തലത്തിൽ എത്തിയിരിക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് പറയും മഥുരാപുരി എന്താ മഥുരാപുരിക്ക് വിശേഷം ഭഗവത് സാന്നിധ്യ പുണ്യോത്തരേ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പുണ്യം പവിത്രമാക്കപ്പെട്ട മഥുരാപുരി തുളസീദാസ് പറഞ്ഞു മഥുരാ എന്നുള്ള വാക്കിൽ തന്നെ എല്ലാം ഉണ്ടെന്നാണ് മ രാ രണ്ടരം ഉണ്ടല്ലോ അതില് മുമ്പില് മാ പിന്നാലെ രാ നടുവിലൊരു അക്ഷരം ഉണ്ട് അതെന്താ രാമനാമം ആരുടെ വായിലില്ലയോ അവരുടെ വായിലുള്ളതാണ് അത്ര ിധ്യ പുണ്യോത്തരേം സ രാജാ രാജാ സൂരാത്മജാം ശൂരസേന വംശത്തിൽ ജനിച്ച വസുദേവരെ ദേവകിയെ വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു ഭോജ വൃഷ്ടി അന്ധക വംശങ്ങളെയൊക്കെ പിടിച്ച് തന്റെ ചുവട്ടിൽ നിർത്താനുള്ള അത്യാഗ്രഹം കൊണ്ട് കംസൻ ആ വിവാഹത്തിന് മുൻകൈയെടുത്തു നിന്നു വിവാഹമൊക്കെ കഴിച്ചു കൊടുത്ത് ഈ സമയം ദേവതകളൊക്കെ ചെന്ന് ഭഗവാന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ അസുരന്മാര് രാമാവതാരകാലും മറ്റും ഒക്കെ വധിച്ചിട്ടോ ഒന്നും പോയിട്ടില്ല ഒക്കെ തിരിച്ച് വേറെ വേറെ രൂപത്തിൽ വരണം തത്കൃത്താപി കർമ്മശേഷവശത ഏതേന യാത്ര ഗതി അതൊന്നും ഭഗവത് പദം പ്രാപിക്കാതെ വീണ്ടും വീണ്ടും തിരിച്ച് വരുന്നവരുടെ അസുര ആവാസനയോടുകൂടെ തന്നെ അതുകൊണ്ട് ഭഗവാൻ അവതരിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാൻ പറഞ്ഞു ഞാൻ മഥുരാപുറിയിൽ അവതരിക്കാം വസുദേവർക്കും ദേവകിക്കും അഷ്ടമം പിള്ളയായിട്ട് മലയാളത്തിൽ അങ്ങനെ പേരുണ്ട് അഷ്ടമം പിള്ളേരുണ്ട് ചിലർക്ക് എന്താ പോയി അർത്ഥം എന്ത് ഇങ്ങനെ കൃഷ്ണൻ എന്നാണ് എട്ടാമത്തെ പുത്രനായിട്ട് അവതരിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു കംസൻ ഈ വിവാഹപ്പന്തലിൽ നിന്ന് ദേവന്മാരും ദേവതകളൊക്കെ ഇവിടെ ഭൂമിയിൽ അവതാര സഹായത്തിനായി അവതരിച്ചു കംസൻ ി വസുദേവന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു രഥത്തില് പുറകെ നിന്നൊരു അശരീരിവാണി കേട്ടു ഹേ മന്ദ ആരെങ്കിലും അങ്ങനെ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല കംസന് സംശയമേ ഉണ്ടായില്ല ആരെയാ വിളിക്കണത് അസ്യാസ്വാം അഷ്ടമോ ഗർഭ ഹന്തസേ അബുധ ഹേ അബുധ ആരാണോ താൻ ഈ രഥത്തില് ഓടിച്ചുകൊണ്ടുപോകുന്നത് ഇവളുടെ എട്ടാമത്തെ ഗർഭം തന്നെ വധിക്കും എട്ടാമത്തെ ഗർഭത്തിൽ ജനിച്ചവൻ നിന്റെ നിന്റെ വധത്തിന് കാരണമായിട്ട് തീരും എന്ന് പറഞ്ഞതും ചാടി കയറി രഥത്തില് സ്നേഹം നടിച്ചുകൊണ്ടിരുന്നതൊക്കെ പോയി ദേവകിയുടെ തലമുടിക്ക് കയറി പിടിച്ചു വസുദേവർ ഇപ്പോഴേ വിവാഹം കഴിച്ചിട്ടുള്ളൂ വിവാഹം കഴിച്ച് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ആ ചുമതലാ ബന്ധം ചുമതലാ ബോധം കൈ കയറി പിടിച്ചു കംസന്റെ എന്താ ചെയ്യണം ഇവരോട് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല വസുദേവർക്ക് ശാഖനീയ ഗുണശൂര ഭവാൻ ഭോജ യശസ്കര നല്ല അസത്തുകൾ ആണെങ്കിൽ അവരെ സ്തുതിക്കണം കാര്യം നടക്കണമെങ്കിൽ ചിലപ്പോ നിനക്ക് എത്ര നല്ല ഗുണം എന്ന കാരണമാണല്ലോ ഈ ഭോജവംശത്തിന് ഇത്രയും നല്ല പേര് കിട്ടിയിട്ടുള്ളത് സഹോദരിയെ വിവാഹ പന്തലോ വെച്ച് വധിക്കാമോ മരണം എന്ന് പറയണത് നമ്മൾ ജനിക്കുമ്പോ കൂടെ ജനിക്കണം പുല്ലട്ട ഒരു പുല്ല് പിടിച്ച് മറ്റൊരു പുല്ല് വിടുന്ന പോലെ ഈ ജീവൻ സങ്കല്പം കൊണ്ട് തന്നെ മറ്റൊരു ശരീരം സ്വീകരിച്ചിട്ടാണ് ഇവിടുന്ന് ശരീരം ഉപേക്ഷിക്കുന്നത് ഇന്നോ അല്ലെങ്കിൽ നൂറ്റിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമോ എന്തെങ്കിലും ഒരു ദിവസം മരണം വന്നേ ഒക്കൂ മരണത്തിന് അറിവുള്ളവർ ഭയപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇതൊന്നും ഇയാൾക്ക് ചെവി ഉള്ളിൽ പോയില്ല അപ്പോ തത്കാലത്തിന് രക്ഷപ്പെടാനായിട്ട് പറഞ്ഞു ജനിക്കുന്ന കുട്ടികളെയൊക്കെ ഞാൻ തന്നേക്കാം ഇവളെ കൊണ്ട് ദേവകിയെ കൊണ്ടൊന്നും പുത്രമില്ലല്ലോ എന്താപ്പോ അങ്ങനെ പറഞ്ഞെന്ന് ചിലപ്പോൾ ജനിക്കാം പുത്രന്മാര് ജനിക്കാതിരിക്കാം ഒരുപക്ഷെ പെൺകുട്ടികളായിട്ട് ജനിക്കാം ഒരുപക്ഷെ അതുവരെ ഇവൻ ഇരിക്കും എന്ന് പാരു കണ്ടു എങ്ങനെയാപ്പോ ഫ്യൂച്ചർ ഭാവിയെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ലേ അപ്പൊ ഈ പ്രഡിക്ഷനോ ആര് വിളിച്ചു പറഞ്ഞു അറിയില്ലേ ആരോ വിളിച്ചു പറഞ്ഞു എന്തിനാപ്പോ ഈ വിളിച്ചു പറഞ്ഞത് അതാണിപ്പോ കഥയിൽ മുഴുവനുള്ള കാര്യം അതാണ് നേരത്തെ കുട്ടി വിളിച്ചു പറഞ്ഞു ആദ്യത്തെ പുത്രൻ ജനിച്ചു കീർത്തിമാൻ എന്ന് പേര് വെച്ച് വസുദേവർ കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് പോണം തന്റെ പുത്രനെ ഈ അസുരന്റെ കൈ കൊണ്ട് കൊടുക്കാം വസുദേവർക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് വെച്ചാൽ സത്യം തരാമെന്ന് പറഞ്ഞിട്ട് ആ സത്യത്തിനെ പാലനം ചെയ്യും അപ്പൊ എട്ടാമത്തെ പുത്രനെ അവിടുന്ന് കൊണ്ടുപോണതോ അവിടെ സത്യം എവിടെ പോയി എന്ന് വെച്ചാൽ അവിടെ ഭഗവാൻ സത്യസ്യ സത്യം സത്യത്തിനൊക്കെ പാരമാർത്ഥികമായ തലം ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന്റെ വാക്ക് ഇതിനു സത്യമായി ഈ ആദ്യം ജനിച്ച കുട്ടിയെ കീർത്തിമാൻ എന്ന ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ചെന്നു കംസന് പോലും കാരുണ്യം വന്നു എന്നാണ് ഈ കുട്ടിയെ കൊണ്ട് എനിക്കൊന്നും വിഷമല്ല തിരിച്ചു കൊണ്ടുപോകൂ എട്ടാമത്തെ പുത്രനിൽ നിന്നാണ് എനിക്ക് മരണം അതുകൊണ്ട് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വസുദേവർ തിരിച്ചുപോയി അപ്പോഴേ സന്തോഷിച്ചില്ല കാരണം ഇവനെ എങ്ങനെ വിശ്വസിക്കും ഇപ്പൊ കൊണ്ടുപോകാമെന്ന് പറയും പിന്നെ കൊണ്ടുപോകാമെന്ന് പറയും പിന്നെയും കൊണ്ടുവരാൻ പറയും വസുദേവർ പോയി കുറച്ചു നേരം കഴിഞ്ഞു ഈ ആറ് കുട്ടികളും മരിക്കാനുള്ള യോഗമുണ്ട് അതിലൊരു ശിക്ഷണവും ഉണ്ട് നാരദ മഹർഷി ആ ഒരു ഉദ്ദേശത്തോടുകൂടെ അവിടെ വന്നു നേരെ ചെന്ന് കംസന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എന്താ കംസ സൗഖ്യമല്ലേ നാരദറെ അങ്ങനെ അറിയാമല്ലോ എന്റെ വിഷമം ടെൻഷനാണോ ഉറക്കല്ല ആരോ നേരത്തെ കുട്ടി വിളിച്ചു പറഞ്ഞു എട്ടാമത്തെ പുത്രൻ എന്നെ വധിക്കാൻ പോണൂ എന്ന് ആ ഞാനും അങ്ങനെ ഒരു വാർത്ത കേട്ടു ദേവലോകത്തിലൊക്കെ വർത്തമാനം പറയണത് കേട്ടു അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ നീ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ടത് അപ്പോൾ ആദ്യത്തെ പുത്രൻ കൊണ്ടുവന്നിപ്പോൾ കൊണ്ടുപോയി എട്ടാമത്തെ കുട്ടിയല്ലേ എന്നെ വധിക്കാൻ പോണത് കംസ വളരെ ജാഗ്രതയായിരിക്കണം നിങ്ങളൊക്കെ അസുരന്മാരാണ് അസുരാംശജരാണ് ദേവന്മാരാണ് അതുകൊണ്ട് എട്ട് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ എന്നിട്ട് വേറെ വല്ല കാരണവും പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല എട്ടാമത്തതല്ലേ എന്ന് ചോദിക്കാൻ അവരെടുത്ത് പറ്റില്ല കാരണം എട്ടെന്ന് വട്ടത്തിൽ എഴുതു ഈ വാച്ചിൽ പോലെ ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന് ഒരേ നമ്പർ എന്നിട്ട് എവിടെ നിന്ന് വേണമെങ്കിൽ എത്തി എണ്ണിയാൽ എവിടെ എത്തിയാലും എട്ടാവും വട്ടത്തിൽ എണ്ണിയാലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ വന്നാൽ ഇവിടുന്ന് തുടങ്ങിയാൽ ഏഴ് എട്ടാവും ഇവിടുന്ന് തുടങ്ങിയാൽ ആറ് എട്ടാവും അഞ്ച് എട്ടാവും നാല് എട്ടാവും മൂന്ന് എട്ടാവും രണ്ട് എട്ടാവും ഒന്നും എട്ടാവും എട്ട് എവിടെ വേണമെങ്കിൽ വരാം ദേവന്മാരുടെ അരുത്തോമാറ്റിക് വ്യത്യാസമാണെന്നാണ് കംസൻ അല്ലെങ്കിൽ കണക്കിൽ കുറച്ച് മോശം ആറ്കർ കുറച്ച് വിഷമുണ്ടാക്കി വെച്ചു ഓരോ പുത്രന്മാരെ ആയിട്ട് വധിച്ചു കംസൻ വസുദേവർക്കും ദേവകിക്കും കൺമുമ്പിൽ വെച്ച് ഓരോ കുട്ടികളുടെയും മരണം കാണേണ്ടി വന്നു അതിലെന്താ ഒരു ശിക്ഷണം എന്ന് വെച്ചാൽ കുട്ടി അറിയിച്ചതിൽ രണ്ട് കാര്യം ഒന്ന് കംസനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അപ്പോഴേ അവന്റെ മനസ്സ് ധ്യാനിക്കുള്ളൂ രണ്ട് വസുദേവർക്കും ദേവകിക്കും പൂർവദ്രണ്ട് ജന്മങ്ങളിൽ ഉള്ള വാസന പുത്രവാസനയുണ്ട് പുത്രനുണ്ടായില്ല ഉണ്ടായില്ല ഉണ്ടായില്ല ഒരു വിഷമം ആ വാസനയും പോകണം അത് കുറച്ച് എന്തെങ്കിലും ഒരു വാസന കൊണ്ട് നമുക്ക് അത്യധികം ദുഃഖം വന്നാലേ അത് വിട്ടുപോവുള്ളൂ അപ്പൊ ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷനാണ് ദുഃഖം ഭഗവാൻ വരുന്നതിന് മുമ്പ് വരുന്നതാണല്ലോ ആറു കുട്ടികളും മരിച്ചു ഏഴാമത്തതായി ഭഗവാൻ മഹാമായെ വിളിച്ചു പറഞ്ഞു ഈ സമയം ഏഴാമത്തെ ഗർഭം ആയി ദേവകിക്ക് ആ ഗർഭത്തിനെ സംഘർഷണം ചെയ്ത് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി എട്ടാമതായി ഭഗവാൻ അവതരിക്കാനായി മഹാമായെ വിളിച്ചു പറഞ്ഞു ഭൂമിയിൽ ചെന്ന് അവിടെ ഇവിടെയായിട്ട് ബഹു ക്ഷേത്രങ്ങളിൽ വസിക്കാം എന്റെ അവതാര കാര്യത്തിന് സഹായമായിട്ടിരിക്കാം ശുദ്ധമായ തങ്കം കൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല അല്പം കലർപ്പ് വേണം അതുപോലെ ആ പൂർണ്ണ ബ്രഹ്മവസ്തുവായ ഭഗവാൻ ഭൂമിയിൽ വന്ന് പ്രവർത്തിക്കണമെങ്കിൽ ശക്തിയുടെ സാന്നിധ്യമാണ് അല്ലെങ്കിൽ പ്രവൃത്തി ഒന്നും നടക്കില്ല അപ്പൊ ശക്തിയെ ആദ്യം പറഞ്ഞേക്കുക അതാണ് മായയെ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ അവതരിക്കുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയണതിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് മായയെ വിളിച്ചു പറഞ്ഞു ഭൂമിയിലേക്ക് ചെല്ലാം भूमि चंद अवड़वड़े आईट्ठ वसीक्य अर्चिष्य मनुष्यास्तामवरे धूपोपहार बलिमर प्रदा नाम कंती स्था जुवि दुर्गेती भद्रकाी विजया वैष्णवी चुमद चंडिका कृष्णा मधवी कन्के माया नारायणीशा शारदेति अंबिके അംബികയുടെ അനേക നാമങ്ങളെ പറഞ്ഞു ഈ നാമങ്ങളോടുകൂടെ നിന്നെ അർച്ചിക്കും അവിടെ ചെന്ന് എന്റെ അവതാര പ്രവൃത്തിക്കായിട്ട് ഓരോ മണ്ഡലങ്ങളിലായിട്ട് ശക്തിപീഠങ്ങളിലായിട്ട് ഇരിക്കാം അതിനു മുമ്പ് യശോദാപുത്രിയായിട്ട് ജനിച്ച് ഭൂമിയിലേക്ക് വരാൻ ഒരു മാർഗം ദേവി കണ്ടെത്തിയത് അങ്ങനെയാണ് യശോദയുടെ യശോദാ ഗർഭസംഭവം ഇവിടെ ഭഗവാനോ വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു ഭഗവാനഭി आविवेश വിശ്വാത്മാക്തയങ്ക ആവിശ അശാഗേന ब्राजमानो സിബ്രൗരുഷം दुरासदो വരാജമാനോ യഥാറവീ ദുരാസദോ അതിദുർഭശോഭൂത സമ്പഭൂവ തോ ജഗന്മംഗളം അച്ഛതംശം സമാഹരസേന ദീ ദ സർവാത്മകമാത്മഭൂത കനന്ദകര മനസ്സാ ആനന്ദഗവന്നേവത്തെ പ്രദീപ്തവതംഗ നിരീയമാണൈ കവ ാഘനമണ്ഡലൈർ ആവൃണ്തീ വിരുചേഗിരവർഷവേള ഭഗവാന്റെ അവതാരത്തിനുള്ള ഏർപ്പാടുകളാണ് ആദ്യം ഭഗവാൻ വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു മനസ്സിലേക്ക് പ്രവേശിച്ചു വസുദേവർ ഒരു കുടത്തിനകത്ത് വിളക്ക് വച്ച് കുടത്തിൽ അനേകം ദ്വാരങ്ങളുണ്ടെങ്കിൽ ആ ദ്വാരങ്ങളിലൂടെയൊക്കെ വിളക്കിന്റെ പ്രകാശം പുറമേക്ക് വീശുന്ന പോലെ വസുദേവർ തേജസ്വിയായിട്ട് മാറി ആ ദ്വാരപാലകന്മാരായിട്ടുള്ളവരെ ഇടയ്ക്ക് വന്ന് ജയിലിൽ നോക്കുന്നവർ പോലും ആ ജയിലിന്റെ അകത്തേക്ക് എത്തി നോക്കാൻ ഭയപ്പെട്ട് നിന്നു അങ്ങനെ മാറി നിന്നുപോയി ആ സമയം ദേവകി വളരെ ഭക്തിയോടുകൂടെ വസുദേവരെ സമീപിച്ചു വസുദേവരുടെ ശ്രദ്ധ വസുദേവർ പ്രിയമോടുകൂടെ ദേവകി ഒന്ന് നോക്കി ജ്ഞാനികളുടെ വീക്ഷണത്തിൽ നിന്നും പക്വമായ ഒരു ജീവന്റെ ഹൃദയത്തിലേക്ക് ജ്ഞാനം ചിശക്തി പ്രവഹിക്കുന്ന പോലെ വസുദേവരിൽ നിന്നും ദേവകിയുടെ ഹൃദയത്തിലേക്ക് ഗർഭത്തിലേക്ക് ഭഗവാന്റെ തേജസ് പ്രവർത്തിച്ചു തഥോ ജഗന്മംഗളമത്യുതാംശം സമാഹിതം ശൂരസുതേ അനെ സമാഹിതം എന്ന് വെച്ച സമാധി ഈ പോലെയാണ് ആ ദർശനത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രേമഭാവത്തോടുകൂടിയുള്ള ഒരു വീക്ഷണത്തിൽ തന്നെ അനുഭൂതിമാന്റെ അനുഭൂതി ആ പ്രേമഭാവത്തിനെ ഒരു വാഹനമായി വെച്ചുകൊണ്ട് കാണുന്ന ആളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന പോലെ വസുദേവരുടെ ഹൃദയത്തിലുള്ള കൃഷ്ണ തേജസ് ദേവകിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കാഷ്ടായതാനന്തകരും മനസ്ഥ ആകാശത്തിൽ ചന്ദ്രൻ എന്ന വണ്ണം കൃഷ്ണചന്ദ്രൻ ദേവകിയുടെ ഗർഭത്തിൽ സ്പർശിച്ചും സ്പർശിക്കാതെ നിൽക്കും ദേവകിയുടെ തേജസ് കണ്ട് കംസനും ആശ്ചര്യപ്പെട്ടു ഇവളുടെ ഉള്ളിൽ ഹരി പ്രവേശിച്ചിട്ടുണ്ട് കംസൻ ആരാണ് മഹാത്മാ എത്രയോ കാലമായി ധ്യാനമാണപ്പോ കൃഷ്ണധ്യാനമാണ് സംരംഭ സമ്പൃത സമാധി അനുബദ്ധ യോഗത്തിലാണ് ഭയം കൊണ്ട് ധ്യാനിച്ച് ധ്യാനിച്ച് ആസീന സംവിഷന് തിഷ്ഠന് പുഞ്ചാന പര്യട്ടൻ മഹീം ചിന്തയാനോ ഋഷികേശം അവശ്യത്തന്മയം ജഗത് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഊണ്ുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഒക്കെ ചിന്തയാനോ ഋഷികേശം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അനുസന്ധാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കംസൻ ഈ സമയം ദേവതകളൊക്കെ ആകാശത്തിൽ വന്ന് ഭഗവാനെ സ്തുതിച്ചു സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം നിഹിതം ചത്യേ സത്യസ്യ സത്യം മൃതസത്യ നേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹേ പ്രഭു എപ്പോ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നു അധർമ്മത്തിന് ഉയർവുണ്ടാവുന്നു അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞ ആ വ്രതത്തിനെ പരിപാലനം ചെയ്യാനായിട്ടാണ് അവിടുന്ന് വന്നിരിക്കുന്നത് ഭക്തരക്ഷണം തന്നെ അവിടുത്തെ വ്രതം സത്യവ്രതം സത്യപരം സത്യം കൊണ്ട് അറിയപ്പെടേണ്ട വസ്തുവാണ് പ്രാതിഭാസികം വ്യാവഹാരികം പാരമാർത്ഥികം എന്ന മൂന്ന് സത്യത്തിനും ആധാരമായിട്ടുള്ളത് ത്രിസത്യം സത്യസ്യ യോനിം എന്തെങ്കിലും ഒരു വസ്തു ലോകത്തിൽ സത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് സത്യത്വം കൊടുക്കുന്നത് ആത്മാവാണ് എന്റെ സത്യത്വം അവിടെ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ പറയണത് അല്ലെങ്കിൽ എങ്ങനെ പറയും സത്യസ്യ സത്യം ം പ്രപഞ്ചാകാരത്തിൽ താത്കാലികമായി ഒരു ധർമ്മനിഷ്ഠയ്ക്കനുസരിച്ച് നിൽക്കുന്ന പ്രപഞ്ചവും അകമയ്ക്ക് മാറാതെ സദാ ശാശ്വത വസ്തുവും ഭഗവാന്റെ രണ്ട് കണ്ണുകളാണെന്നാണ് ഋതം സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന അങ്ങനെയുള്ള അവിടുത്തേക്ക് ശരണാഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദേവതകളൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചു ബ്രഹ്മാതിദേവതകൾ ദേവകിയെ അമ്മ എന്ന് വിളിച്ചു എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഗർഭത്തിൽ പ്രവേശിക്കുന്നു പ്രവേശിച്ചതുകൊണ്ട് ദിഷ്ട്യ അമ്പതേ കുക്ഷിഗത പരഹ്പുമാൻ അംശേന ജാത ഭഗവാൻ ഭവായന ഭഗവാൻ ഞങ്ങളുടെ ഒക്കെ മംഗളത്തിനായിക്കൊണ്ട് ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നു കാലം പരമശോഭനമായിട്ടിരിക്കുന്നു രോഹിണി നക്ഷത്രം അഷ്ടമിതിഥി ആകാശം ദിശപ്രസേതുഹു ഗം നിർമ്മലോടുണോദയം മഹീമംഗള ഭൂയിഷ്ടപുരഗ്രാമ്ര നദ്യപ്രസന്നസലിലാഹ നദികളൊക്കെ പ്രസന്നസലിലമായി ഒഴുകുന്നു തെളിഞ്ഞ ജലത്തോടുകൂടി ഒഴുകുന്നു ഹൃദാ ജലരോഗശിരഹ രാത്രിയൊക്കെ താമര വിരിഞ്ഞു രാത്രിയൊക്കെ താമര വിരിയോ പുഷ്പങ്ങൾ വരികയോ എന്ന് വെച്ചാൽ ഭഗവാൻ അവതരിക്കുമ്പോ ഒക്കെ തലകിയായി ആ കാര്യങ്ങളൊക്കെ പ്രകൃതി പുരുഷനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കാൻ രാത്രി സമയങ്ങളിൽ മയിൽ പീലി വിരിച്ച് ആ നർത്തനം ചെയ്തു പക്ഷികൾ കൂജനം ചെയ്തു ഒരു കറുത്ത മേഘം ആകാശത്തിൽ എവിടുന്നോ വെള്ളം കുടിച്ച് ആകാശത്തിലേക്ക് അങ്ങനെ വരികയാണ് കറുത്ത മേഘം വരികയാണ് കാറുവണ്ണൻ വരാൻ പോകുന്നു എന്ന് വിളിച്ചു നിത്യാനന്ദ സുധാനിധേ അധിക സന്നീലമേഘ സദാം ഔത്കണ്ഠപ്രബല പ്രഭഞ്ജനഭരൈ ആകർഷിതോ വശത്തി വിജ്ഞാനാമൃതമത്ഭുതം നിജവചോധാരാഭിരാരാധിതം ചേതശാതക ചേന്ന വാഞ്ചസി മൃഷാക്രാന്തോസി സുപ്തോസിക്കും ചിത്തമാവുന്ന ചാതകമേ നീ ഉറങ്ങിക്കിടക്കുകയാണ് ഇവിടെ ഇതാ ഒരു കാർമേഘം വരുന്നു നിത്യാനന്ദ സമുദ്രത്തിൽ നിന്നും ആനന്ദ കുടിച്ച് ഒരു കാർമേഘം ഭക്തന്മാരാവുന്ന എത്രയോ ചാ കൂകി വിളിച്ചതുകൊണ്ട് അവരുടെ ഉത്കണ്ഠ ഒരു പ്രഭഞ്ചനായിട്ട് തീർന്ന് ഈ മേഘത്തിനെ ഇതാ ആകർഷിച്ചുകൊണ്ടുവരുന്നു ഭഗവാന്റെ അവതാരവും ഭക്തന്മാരുടെ പ്രാർത്ഥന മൂലമാണല്ലോ അങ്ങനെ ഭക്തന്മാരെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഈ കാർമേഘം കൃഷ്ണൻ എന്ന കാർമേഘം ഇതാ ഇവിടെ വരുന്നു ആ സമയം ആകാശം മുഴുവൻ കറുത്തിരുന്നു മന്ദം മന്ദം ജലധരാഹാ ജഗത്ജുഹു അനുസാഗരം നിഷീഥേ കുരാക്കുരിട്ട് ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് ഒരു ഇരുട്ടുണ്ടാവും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പാശ്ചാത്യ യോഗികളൊക്കെ അതിനെ വിളിച്ചു നമ്മുടെ ആളുകളും അതിനെ വിവർത്തനം ചെയ്യുമ്പോൾ ആത്മാവിന് കാളരാത്രി ഒന്നുമില്ല ഈ ജീവന്റെ അനുഭവമണ്ഡലത്തിലുള്ള ഒരു കാളരാത്രി സ്വരൂപാനുഭവം ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു കൂരിരുട്ട് വാസനകളുടെ ഒക്കെ പടലം ആവരണം ആ ആവരണം നീങ്ങിക്കിട്ടുന്നതിന് മുമ്പ് ഒരു ഇരുട്ട് നിശീതയും ദന ജനിക്കുന്നതിന് മുമ്പ് നിഷീദേ തമ ഉദ്ഭൂത്തെ ജാമാനേ ജനാർദന ദാ ദൂപുഹാശയ ആവിരാസീഥാചിശി ഇന്ദുരിവ പുഷ്കല താലകമംബുജക്ഷണം ചതുർഭുജുംഭു ശ്രീത്സം ഗണ കൗസ്തുമ പീതംബരം സോദസൗഭർ വൈഢൂൂര്യകിരീറ്റുണ്ടത്വിഷാ പരിഷസഹസ്രകുന്തളം ഉയ കണണാതിർവിചമാനം വസുദേവ ആനന്ദ ഭഗവന്നൈതേവതേ പ്രാ പ്രദീപ്തവംഗരീയമാണൈ കാൈരിവ ഘന മണ്ഡലൈദ്യം ആവൃണ് വിരുചേ കില വർഷവേള ആശാസു ശീതലതരാസു പയോതോയൈ ആശാസിതാതി വിവശേഷു ച സജ്ജനേഷദയ വിതൗ നിശി മധ്യമായാസ്ത്രീ ജഗതാ വിസീ ബാല്യസ്പൃശാപുഷാ ദുഷാ വിഭൂതി ഉദ്യീകടകാരസാ ശരി ജഗതഭാസിന മേഘാസിന പരിലേശേ വക്ഷസ്തലീസുന വിളാസ മന്ക്ഷലക്ഷിതകടാക്ഷവിമോക്ഷഭേദ തന്മന്തിര ഖലകംസൃത അലക്ഷ്മീ ഉന്മാർജയവ വിചിത വാസുദേവ ശൗരിസ്തു ധീരമുനിമണ്ടലചേതസോ ദൂരസ്ഥിതം വപുരുദീക്ഷ്യജേക്ഷണഭ്യം ആനന്ദബാഷ്പുരകോ ഗതഗദ്ഗദദാദ്രുഷ്ടാവ ദൃഷ്ടിമകരന്തരസംഭുതം ബാലകം അംബുജക്ഷണം ചതുർഭുജം ശങ്കഗദായുധാധം ഭഗവാനേ അദ്ഭുതമാണലോ ആശ്ചര്യമാണ് ഇവിടെ ആ അരയ്ക്കുള്ളിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു ശംഖചക്ര ഗതാപാണിയാ ഭഗവാൻ മുതല്ല വസുദേവർക്ക് ദർശനം കൊടുക്കുക പ്രസവമായി ദേവകി കിടക്കാം വസുദേവർക്ക് മുതല്ല ദർശനം തമദ്ഭുതം ബാലകം അംബുജക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗലശോഭി കൗസ്തുഭം എല്ലാം ശംഖചക്ര ഗതാപത്മ കൗസ്തുഭം ശ്രീവത്സം എല്ലോട് കൂടിയും ചതുർഭുജമൂർത്തി വൈകുണ്ടത്തിൽ പ്രകാശം വിളിയാട്ട സാമൂഹ്യ അപ്പാ എന്ന് വാങ്ങിക്കൊടുക്ക പോക്രജ എല്ലാത്തോടും അത്ഭുതം ബാലകം അഖന്താമസ്വാമി വ്യാഖ്യാനം വന്ന് അത്ഭുതം ബാല കം ബാലൂപേണ വർത്തമാനം കം കം ന്രഹ്മം അർത്ഥം പരമാത്മാ അർത്ഥം കം ബ്രഹ്മാ കം ബ്രഹ്മാ അടതി അപ്പൊ കുഴന്തയാ പരമാത്മാ വസ്തു തമത്ഭുതം ബാല കം അമ്പുജേക്ഷണം താമര കണികൾ ഏ താമിക്കണ ചില കണ്ണുകൾ കൊണ്ട് താമര തലം മാതിരി ഇക്കും വാസ്തവം അതിനുള്ള ഇല്ലേ താമരക്ക് എന്ന ലക്ഷണം താമര തലത്തിക്ക് അതില ജല കണങ്ങൾ വിഴാ ഒട്ടാമ നിൽക്കും അതിലേന്ത് തൂവിപ്പടുത്ത ഭഗവാൻ ലോകത്തിലെ ഇരിക്കും അപ്പണങ്ക അഴുക്കിലെ ഇക്ക താമരെ അഴുക്ക് പറ്റാമ ജലം പറ്റാമർക്കി പത്മപത്രം ഇവ അമ്പസാ കണ്ണനോട് കണ്ണ പാത്താ അത് കണ്ണിലേ അന്നിസംഗ ഭാവം ഇരുക്ക് അത്യധികം പ്രിയം ആകർഷകം പ്രേമ എല്ലാർക്ക് നിസ്സങ്കതയും ഗീതയോട് എല്ലാ സന്തോഷവും അസംഗം വാർത്തയിലേ അടങ്ങി വിട്ടുഭുതം ബാലകം അമ്പുദേക്ഷണം ചതുർഭുജം നാല് കൈകൾ ഭഗവാനുക്ക് ശങ്ക ചക്ര കഥാപത്മങ്ങൾ ദരിശം കൈകൾ ഇന്നൊരു അർത്ഥം എന്നതുർഭുക് ചതുർഭുജം നാല് എണ്ണത്തെ മുഴുകറവൻ അർത്ഥം അവൻ ഹൃദയത്തിൽ ആവിർഭവിക്കഴുങ്ങുവൻ എല്ലാം മുഴങ്ങുവന മനസ്സുദ്ധി അഹങ്കാരം ചിത്രം അവൻ പ്രകാശിക്കാൻ ഹൃദയത്തില് പ്രകാശിച്ച അഹങ്കാരം ഇല്ലേ ചിത്രവും ചതുർഭുജം യുദ്ധ യുധം ശ്രീവത്സക്ഷ്മോപംബരം വസുദേവർ തൊല്ല ൃഷ്ടിരന്ദ്രാൻ കൃഷ്ണൻ മധുരം അധരം മധുരം മധുരാതിപത്തെ അഖിലം മധുരം അന്ത ഭഗവത് അനുഭവം ഏർപ്പെട ഭക്താക്കി സിന്തോഷീ അടിയാ ചിന്തൂറി എന്താ ഭക്തി അനുഭവത്തെ ഏതോ ഉദാണെന്ന് ഉദാഹരണം എഫെക്ടി അനുഭവത്തി നമുക്ക് ആ പാല കറുമ്പു ചാര ഊത്തി അത് മാറിയാക്ക് കേട്ടാ ചോ ഭക് അപിയാക്ക് ആ ചല് പാവം എപ്പിടിക്ക് കരന്തപാൽ കണ്ണലുട് നെയ് കലന്നാറ് പോല സിന്ത അടിയ ചിന്തയുൾ തേനൂരി പന്ത പിറപ്പരു പെരുമാൻ അപ്രത അത് ലിറ്ററലി ട്രാൻസ്ലേറ്റ് പണ എം അത് ഇത് ഉപമയേക്ക ഉപമേ ചേരാത് ആ അത് അന്ത മാി ഒരു മധുര തൻ ആക്ക് കൊടുക്കുന്ന മധുരം പുരറദനാല എടുത്തേ എങ്കയോ ഭഗവാനോട് ഭക്തിക്ക് ഒരു ഉദാഹരണം ചല്റത് ഇ ദൃഷ്ടി മകരന്തരസം ദൃഷ്ടിക്ക് മകരന്തം ദൃഷ്ടിക്ക് തേനാക്ക് അപ്പ സർവേന്ദ്രിയങ്ങൾക്ക് ഭഗവത് അനുഭവം ഏർപ്പെടു വസുദേവർ ഭഗവാനെ സ്തുതി പൺ പ്രഭു നീ വന്ന് എല്ലാരോട് ഹൃദയത്തിലും ഇക്കറ സാക്ഷി പുരുഷൻ അത് ആത്മാ ഇല്ലേനാ പ്രപഞ്ചമേ ഇല്ലേ ആത്മാവ വിളക്കി നിർത്തിനാ പ്രപഞ്ചം എങ്കർക്ക് പ്രപഞ്ചം ഇക്ക് യാത്ര മുടും ആത്മാക്കന പ്രപഞ്ചം തരുന്നത് ആത്മാവിലതാ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നത് ആത്മനാ ദൃശ്യ ഗുണേഷ സന്നിധി വ്യവശ്യതേ സ്വ വ്യതിരേകതാബുദ്ധ തന്നെ വിലക്കി നിർത്തിയ കുണപ്രപഞ്ചം ഇരുന്ന് യാൽമോ അവ മറയാ അവനുക്ക് ഉറിയാതെ ഏന്ന പ്രപഞ്ചത്തെ പാകക്കൂടി നവൻ എന്താ തന്നെ പ്രപഞ്ചം തരുന്നത് ഇല്ലാത്ത പ്രപഞ്ചം എങ്കും സോപ്യതിരേ കഥ തന്നെ വിലക്കി കൊടുത്താ പ്രപഞ്ച അനുഭവം എപ്പി ഇപ്പൊ വസുദേവർക്ക് ആത്മാനുഭവം ഭഗവാനു കുഴപ്പ അഴകാ കുഴ കണ്ണ് അഴകാർക്ക് നന്ന കരു കരു മന്ദഹാസം പണ്ട എ നമ്മ കൊഞ്ച് അത് എടുത്ത് ആളിച്ച് താത്താ മാറിട്ടി മാ അപ്പാ ഉറിച്ച് വെച്ചിരിക്കറിച്ച് വെച്ചിരക്ക കൊഞ്ചോ ഇത് അപ്പാ ഇവർ വസുദേവർ എന്നാ നീ ആത്മാനക്ക് വസ്തു ഉന്നെ തവര പ്രല്ല അപ്പൊ നമുക്ക് എന്നും പുരുഷന്മാരേ ഇപ്പിതാ അവൾക്ക് കൊഞ്ച അല്ല സ്ത്രീ ദേവകി ഇപ്പൊ കൊഞ്ചത്തക്കപ്പുറം അവ എഴുന്ന കൊഞ്ച അപ്പൊതാ ഒരു അമ്മക്ക് എപ്പി കുഴഞ്ഞ കൊണ്ടും നമുക്ക് അപ്പൊ പാത്താദേവകി എഴുന്ന ഭഗവാനെ പാക്ക് രൂപം യത്ത പ്രാകുർ അവ്യക്തം ആദ്യം ബ്രഹ്മ ജ്യോതിർ നർഗുണം നിർവികാരം സത്താ മാത്രം നിർവിശേഷം നിരീകം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മ ദീപ അപ്പാവേല പോൾക്ക് അപ്പാവേല പോലെ സാപ്പ് നില കേ ഇരു നിലയേ സ്വരൂപ ശരീരം ഇന്ദ്രിയങ്ങൾക്ക് ആരെയ സാക്ഷിയാകൂർണ വസ്തുനി അപ്പം ദേവകീസ് കൊഞ്ചാനം സാക്ഷാത്കാരം സത്സംഗത്തിൽ ഉണ്ടാക്കും കിടച്ചാ മാറി ചിലവരെല്ലാം ചില കേട്ടേക്ക അപേ കിടച്ചാച്ചു തോന്നും അപ്പം ഇന്ന് വെളിയിൽ പോണോ അതേമാതിരി തന്നെ ഇങ്ങ വസുദേവർക്കും ദേവകിപ്പും ഭഗവാനൊരു കിളിംസ് കൊടുക്കാറു അത് അപ്പം ഭഗവാൻ ചിലർ പൂർവ രണ്ട് ജന്മാവിൽ നിങ്ങ എനിക്ക അമ്മും അപ്പാവാൻ കൃഷ്ണികർപ്പനാ ഉറന്നേൻ വാമനാ പൊറന്തേൻ ഇപ്പൊ ഇതാ കൃഷ്ണനാ പറന്നിരിക്കൻ ഇങ്ങനെ എന്ന ഒരു കുഴയാ മാത്ര നനച്ചിണ്ട് പൂർവ ജന്മാവിലെ പുത്ര ഭാഗ്യം മാത്രം മുഖ്യമാച്ചതിനാലേ തീരുവം ജനിക്കേണ്ടി വന്നത് ഇന്ത് ജന്മാല യുവ അമ്മ പുത്രഭാവേന പ്രഹ്മാവേന അസക ചിന്തയന്തോ കൃത സ്നേഹ് മത്കതി പരാം പുത്ര മാത്ര നെനച്ചാ പാഷം വന്നിടും പ്രമം നെനച്ചാ പ്രിയം ഏർപ്പെടാതെ അതിനാൽ പുത്രൻ നെച്ചു അത് പ്രിയത്തോടെ പ്രഹ്മു ഞാപകം വെച്ചാൽ അത് പ്രിയമേ ഭക്തിയ മാറിയിടും അത് എപ്പി അത് നമ്മ വ്യവഹാരത്തിലേ ഇത് കൊണ്ട് വരണം നമ്മ കുഴപ്പം നമ്മക്കുഴ വേദാന്ംനാ ഒരേഡിയാണ് നെച്ചക്കോ എല്ലാത്തിൽ സ്നേഹം ഇല്ലാതെ അപ്പൊ ഒരു പക്കം ഇനിയൊരു പക്കം അത് അടിയേ ഒട്ടിൻ്റെ എന്നോട് കുഴഞ്ഞ എന്നോട് അതിലേ ഒട്ടിണ്ട് നിൽക്കുന്നത് ഒരു പക്കം ഇങ്ങ ഭഗവാൻ എന്ന കൃഷ്ണാവതാരത്തിൽ അത് ഒരു ഭഗവാന് പ്രിയ വസ്തുവെ ഒട്ടിക്കാമ അത് ഭക്തി ആയിടും പ്രിയമാക്ക വസ്തുവെ ഒട്ടിണ്ട് വസ്തു മാത്രം അത് വരെ ഇത് വരെ സെക്രട്ടേറ്റ് പണി അത് അട്ടാച്ച്മെന്റ് ആയിടും പ്രിയത്തിക്ക് ഒരു വരമ്പ് അതിർവരമ്പേ ഇല്ലാമ പ്രിയത്തുക്ക് ഒരു ബൗണ്ട്രിയേ ഇല്ലാമെ അത് പ്രിയത്തു ഭക്തീന്ന് പേര് വിഭക്തി ഇല്ലാമെ ഭക്തി ിയം അനന്ത ഭക്തി എല്ലാ പ്രിയവും അത് അടക്കം ഭക്തി വന്ന് അഖണ്ഡത്തിനേ വിശ്വത്തി കിട്ട പൂരാ ഭക്തി വിശ്വമേ ഭഗവത് സ്വരൂപം അത് ഭക്തിയിലെ കുടുംബവും ചേരാതാ കുടുംബവും ചേരും തൻ കുഴും ചേരും പേര ചേരും അപ്പാവും ചേരും അമ്മവും ചേരും ബന്ധുക്കളും ചേരും ആണോ ഇവാളുടെ ഒരു സ്പെഷാലിറ്റി അവളുടെ ഒരു ഇത് അപ അത് വിഭക്തി അത് ഭക്തി അപ്പൊ ഭഗവാന് നെച്ചു കുഴഞ്ഞ ഈസിയാ വരതെ അതെ എല്ലാ അത് പ്രമം എപ്പി നെനച്ച നെച്ചാ വന്ന് പ്രമം പ്രില്ലേ അസക്ക് ചിന്തയു ഒരു വാട്ടി നെച്ചാ വരാത് നന്ന ഉനക്ക് നച്ചയം കൊടുക്കറേ അത് സത്സംഗത്തില്രവണം പണ് പണ്ണ പണ്ണ ഇന്ന കുഴക പ്രിയത്തോടെ അത് ശരീരത്തി കിട്ടേ അിയം അത് ശരീരം എല്ലാരോടൊ ശരീരവും പഞ്ചഭൗതീകം താ അത് ശരീരത്തിൽ വസ്തുതാ നമ്മളെ ഇരുക്ക അത് വസ്തു വന്ന് സച്ചിതാനന്ദ ആത്മാ ഇപ്പിടി മുല്ല മൊള്ള മൊള്ള മുള്ള വിവേചനം പണി പ്രിയം എക്കെ വസ്തുവ വിളക്കെ പ്രിയം എറ വസ്തുവ പൂജിക്കളി പ്രിയം എക്കറ വസ്തുവ വിളക്കുറത്ത വസ്തുവിലെ ഭഗവാന പാകി അത് പാക് വേണം അസകൃത് ചിന്തം അപ്പൊ ആവർത്തി അസകൃത് ഉപദേശാ ഒരു മരുന്ന് ഒരു വാട്ടി സാപ്പിക്കുന്നത് എത്ര വാട്ടി സാപ്പിടും അതേമാതിരി ആവർത്തി ആവർത്തി പണി ആവർത്തി പണി ആവർത്തി പണി എന്ത വസ്തുവില പ്രിയം എക്കോ മെതുവ അത് വസ്തുവിടെ തോല ഉറിച്ച് പാകണം എക്സ്റേ വിഷൻ ഉള്ളി പാകണം അത് വെളിയിൽ വസ്തുവിട്ട് തന്നെ നെനസിക്കപ്പെടാതെ വസ്തു പ്രിയം ശുദ്ധം അത് പ്രിയത്തിൽ വരക്കൂടി അട്ടാച്ച്മെന്റോ അത് കൊടുക്കണമോ അശുദ്ധം അത് വിശേഷണത്തെയും അറ്റാച്ച്മെന്റയും ഇല്ലാത്ത എടുത്തോ നമ്മ പ്രിയമേ ഭക്തി തന്നെ എല്ലാവർക്കുള്ള പ്രിയം നേച്ചുരലാ പ്രിയം വരക്ക അത് ഭക്തി തന്നെ അത് എന്തുകാർക്കുമേ ഒരു ഭർത്താക്ക് പത്നി കിട്ടം പത്നിക്ക് ഭർത്താ കിട്ട പ്രിയം പറ്റിയ ദൈവമാ പാകണം അപു സാധാരണ സ്ത്രീകൾക്ക് ഉപദേശം പണ്ടു അത് എന്ന അർത്ഥം അതെല്ലാം നമ്മ എക്സ്പ്ലോയിട് പണാം ഇല്ല ഇവ എപ്പിടി വേണോ നടക്കലി പത്തിയ ദൈവമാ പാകണം പത്തിയ ദൈവമാ പാകണമെന്ന് അവർക്ക് കാള പിടിച്ച് കൈ പിടിച്ച് കൊടുക്കല്ല പത്തിയ ദൈവമ പാകണം യാറാവും അവൻ ശരി ഉള്ള ദൈവമാ പാർക്കെ കാത്താലും തൂങ്ങി എഴുന്ന ഒരു തന്നി തലയില ഊത്തും അഭിഷേകം പണ്ടേ ദൈവമാ പാക നാളെ സമയൽ സാപ്പാട് പോടാ നേരിട്ട് പണ്ടാം പാക്ക് എന്നാ മാക്സിമം അട്ടാച്ച്മെന്റ് പതി പത്നി അമ്മ കുഴത് അത് അട്ടാച്ച്മെന്റ് നമുക്ക് വരോധമാ തീരാമെന്റ് ഇല്ലേങ്കേ യാരു കിട്ടും കനക്ടില്ലേ പ്രിയം വന്ന് ആത്മാവ് ആത്മാവ് പാക അനുഭവം താ പ്രിയം അത് ശരീരത്തി കിട്ട ബന്ധം കിടാ ആരീരം വന്ന് ലോക വ്യവഹാരത്തിലെ അത് ശരീരം വേറെ ഉള്ള വസ്തു വേറെ എനിക്ക് പ്രിയം ഏർപ്പെടുന്നത് അത് അത് ഉള്ള വസ്തുവിനാൽ തന്നെ അത് പ്രിയം കാപകപ്പെടുത്തി ഞാപകടുത്തിയാകപ്പെടുത്ത എന്നും നമുക്ക് സാധാരണമാർക്കാഷം നമ്മൾ ചലറോമേ അത് വന്ന് ഗംഗാജലത്തിൽ ഡിച്ച് വാട്ടർ കലന്നിണ്ട മാറി അതിലേന്ത് അത് ഡ്രൈനേജ് വാട്ടർ ഇഫ് യു കെൻ സെപ്പറേറ്റ് ശുദ്ധ ഗംഗാജലം കിടക്കും നമുക്കേ അനുഭവം പ്രിയം എന്താ പ്രിയത്തിലേ അശുദ്ധിയെ നീക്കത്തേക്ക് മനനം വന്ന് തേട്ടാമ്പരൽ പൊടി പോടറമാരി തേട്ടാമ്പരൽ പൊടി പോട്ടത് ജലം ശുദ്ധമായി തേട്ടാമ്പ്രൽ പൊടി അടിയ പോയിടും അപ്പം ജലം കിടക്കും അത് മാറി അസഹി ചിന്തംന്ന് ഭഗവാന് കൊടുക്കേഷം എടുക്ക നമുക്ക് പുതിശാ ഒരു വസ്തു വെച്ചിട്ട് പ്രിയം വെച്ചു ആളുകൾക്ക് മുട ആൽ മെത്തേ പാത്താച്ചു നമ്മൾ മുട ഒരു വസ്തു കൊടുത്തത് പ്രിയം വെച്ചോന്നാ അവ പ്രിയപ്പെടേങ്ക അവളാ ഒരു വസ്തുവില പ്രിയ വെച്ചക്കറ നേച്ചുരലാ പോർവ ബന്ധത്തിനാലും അത് നേച്ചുരലാ എങ്ക പ്രിയം വരതോ അത് പ്രിയം വര ഇടത്ത് അത് നാമത്തെയും രൂപത്തെയും കഴട്ടി അങ്ങ് കൃഷ്ണ കൊണ്ട് ഉക്കാരെ കൊണ്ട് ഉക്കാരക്കണം അവിടെ വയ്ക്ക മുടി പുത്രഭാവന പ്രഹ്മാവേന ചിന്തയന്തോ കൃത സ്നേഹ ചിന്തയന്തോ കൃത സ്നേഹ ചിന്തയന്തോ കൃത സ്നേഹ പുത്രഭാവേന കൃത സ്നേഹവും പ്രഹ്മഭാവേന ചിന്തയന്തോ യാസ്യേതേ മദ്ഗതി ഒരു പക്കം പുത്രഭാവന കൃതസ്നേഹവും പുത്രൻ വര സ്നേഹം വരുന്നത് പ്രഹ്മാവ ചിന്തോ ഭഗവാൻ ശരീരത്തി കിട്ടേ ഇല്ലേ പ്രിയം ശരീരം ശരീരം പോകും ശരീരം വരും ശരീരം പെരുസാകും നമ്മളെ വിട്ട് വളകും ആക്ക വസ്തു പാകത്ത് എനിക്ക് ഒരു പ്രിയം ഏർപ്പെടേ അത് പ്രിയം സത്യം അത് പ്രിയം സത്യം അത് പ്രിയം എനിക്ക് അനുഭവത്തിൽ സത്യം അത് നാളെ വേറെ ഒരു വസ്തുക്കിട്ടേക്കും ആ പ്രിയം സത്യം വസ്തുക്കൾ പോയി ഇപ്പി പ്രിയ പ്രാമുഖ്യത്തെ കൊടുത്ത് അത് പ്രിയത്തെയേ ഊതി ഊതി ഊതി വളർത്തി അത് പ്രിയമേ ഭക്തിയെ മാറിയിടും ഇപ്പൊ ഒരു സിദ്ധാന്തം ഭഗവാന് അവതാരം പണിന ഉടനെ ഉപദേശം പണി ആലങ്കാരാൾ കൊടുക്കെല്ലാം മാറ്റി ഭക്തിയിൽ ഒരു രസത്തെ കൊണ്ടുവന്നത് കൃഷ്ണാവതാരത്തോട് പ്രാമുഖ്യം കൃഷ്ണാവതാരത്തോട് വൈഭവം അനേക രസങ്ങൾ പുതു രസങ്ങൾ കൃഷ്ണാവതാരത്തോട് വന്നിട്ട് നമ്മളോട് മാനസിക മണ്ഡലത്തിൽ ഏർപ്പെടുക രസങ്ങളെല്ലാം ഭക്തി രസമാ മാറിച്ച് കൃഷ്ണാവതാരത്തോട് വ്യവഹാര പ്രപഞ്ചത്തിൽ എതിയെ നമ്മൾ കീഴ് കിഴുക്കുമോ ഉപയോഗപ്പെടുത്തി മേലുക്ക് പോകുന്നത് എടുക്കുന്ന മാര്ഗമായിടുത്തു അപ്പൊ വസുദേവൻ അതെ പരന്ത ഉടനേ കൃഷ്ണാവതാരത്തിലെ ഉപദേശം ഭഗവാൻ ഞാനോപദേശ ആയ ഗ്രഹീതദേഹം അപ്പൊ ഭഗവാന് ഉപദേശം പണി ആന്തരികമായ ഒരു പ്രചോദനം കൊടുക്കാറ് ശരീരത്തെ കൊണ്ടുപോയി കുഴന്യെ കൊണ്ടുപോയി ഗോകുലത്തിൽ വിട്ട് ഗോകുലത്തിൽ പരന്നെക്കുറപ്പ എടുത്തി അത് കുഴഞ്ഞ എടുത്തിട്ട് വസുദേവർ പോറ കെട്ട് അവിടുത്ത് നല്ല മഴ കൊട്ട കൊട്ടുന്നു കൊട്ടുത് നേി രാത്രി കൊട്ടിനെ കൊട്ടുകൊട്ട് മഴ കൊട്ട് എല്ലാരും തൂങ്ങറും നല്ല ഉറക്കം എന്താന്ന് വെച്ചാൽ യോഗമായ അവിടെ ജനിച്ചിരിക്കണു യോഗമായ അവിടെ ജനിച്ചിരിക്കണു അപ്പൊ ഇവിടെ ഉള്ളവരോ കാവൽക്കാരോ എല്ലാരും ഉറങ്ങിപ്പോയി യമുനാ തീരത്തിലെത്തുമ്പോൾ യമുന എങ്ങനെ വെള്ളപ്പൊക്കം കൂലം കുത്തിയൊഴുകാണ് മുരാരി കായകാലിമാലാമവാരിധാരിവിഷ്ടപാത്രിലോകശോകഹാരിണി മനോനു കൂല കൂല കുഞ്ച പുഞ്ചൂത ദുർമദുനോമേം മനോമലം കളിന്ദനന്ദിനീ സദാ ഈ കാളി നദി യമുന എന്തിനാ പൊങ് പൊങ്ങി വരുന്നതെന്ന് വെച്ചാൽ കൃഷ്ണനേതാ വസുദേവർ കൊണ്ടുവരണം ആദിശേഷൻ അങ്ങനെ പടം പടം പിടിച്ച് നിൽക്കുന്നുണ്ട് കൊടയായിട്ട് യമുനയ്ക്ക് ഒരാശ നീ നടക്കുകയോ അറിയില്ല ഇപ്പൊ തന്നെ കൃഷ്ണനെ തൊടണം കൊട്ട തലയിൽ വെച്ചിട്ടുണ്ട് കുട്ടി എവിടുന്ന് കാല് ചുവട്ടലിട്ടാൽ ഇതുവരെ ഉണ്ടാവും മൂക്ക് വരെ ഉണ്ടാവും വെള്ളം ഇങ്ങനെ കയറി കയറി കയറി വന്നു കഴുത്ത് വരെ വന്നു വായ വരെ വന്നു വസുദേവർ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു ആ പാദസ്പർശം ഏറ്റതും യമുന താണു തുടങ്ങി തൊട്ടതും വേറൊരു കാര്യമുണ്ടായി യമുന യമുനയ്ക്കൊരു കാര്യമുണ്ടായി യമുന കറുത്തു ഇതിനെ തൊട്ടതും യമുന കറുത്തു എന്നാണ് മുരറി കായകാലി മാ അത്ര കറുപ്പാണ് അത്ര കൃഷ്ണൻ കറുപ്പ് സ്വാമി ഗോപി സ്ത്രീകളൊക്കെ രാവിലെ എണീറ്റ് ആ മഞ്ഞള് നല്ല മഞ്ഞളാണോ എന്ന് അറിയണമെങ്കിൽ എവിടെയെങ്കിലും കറുപ്പായിട്ടുള്ള കല്ലിൽ ഉറച്ചു നോക്കണം അതുകൊണ്ട് കൃഷ്ണനെ വിളിച്ചിട്ട് മുതുക് കാണിക്കാൻ പറയും അത്ര പുറത്തെങ്ങനെ ഉരച്ച് മഞ്ഞൾ നല്ല മഞ്ഞളാണോ എന്നറിയാം മുരാരായ കാളിമാലാമവാരിധാരണി യമുന ആ ജലം കൊണ്ട് നടക്കണം ജലച്ഛുതച്ഛുതംഗരാഗ ലംപടാളിശാലി വിലോലരാധി കാ ചമ്പിമാലിനി സദാവഹനാവതീർണ ഭത്രൃഭൃത്യനാരദാധുനോതു മേ മനോമലം കളിന്ദനന്ദി സദാ ആ യമുനാജലത്തിനെ തരണം ചെയ്ത് വസുദേവർ കണ്ണനെ ഗോകുലത്തിൽ കൊണ്ടാക്കി ഗോകുലത്തിൽ വാതില് തുറന്നു എന്നൊന്നും പറഞ്ഞില്ല അവിടൊന്നും വാതില് പൂട്ടുക പതിവില്ല കുടിലാണ് കുടിലുകളാണ് ഇവൻ പോയ ശേഷമാണ് അവിടെ വാതില് പൂട്ടൊക്കെ വേണ്ടി വന്നത് അവിടെ കൊണ്ടാക്കി അവിടെ ജനിച്ച പെൺകുട്ടിയെ എടുത്തുകൊണ്ട് വന്നു ഇവിടെ വന്നതും വാതിലൊക്കെ വീണ്ടും അടച്ചു ബന്ധനമൊക്കെ വീണ്ടും വന്നു ഭഗവാൻ കയ്യിൽ വന്നതും ബന്ധനമൊക്കെ അഴിഞ്ഞു മായ വന്നതും ബന്ധനമൊക്കെ വന്നൊക്കെ അടഞ്ഞു അങ്ങനെ കൃഷ്ണനെ ഗോകുലത്തിൽ കൊണ്ടു ചെന്നാക്കി വസുദേവൻ ഇവിടെ മായയെ ഇങ്ങനെ കൊണ്ടുവന്നു ഇവിടെ വന്നതും കുട്ടിക്ക് അറിയാൻ തുടങ്ങി പോവാൻ ധൃതിയായി ഒരു അമ്പലത്തിൽ പോയി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്വാ ക്വാ ക്വാ കംസനെ വേഗം വിളിച്ചുകൊണ്ട് വരാൻ പറയാം ഈ കുട്ടിയുടെ കരച്ചൽ കേട്ടതും ദ്വാരപാലകന്മാർ ഓടി ചെന്ന് കംസനെ അറിയിച്ചു വാളും കൊണ്ട് ഉറങ്ങി ഉറങ്ങി ഉറക്കൊന്നുമില്ല പക്ഷെ ഉറക്കുമില്ലാതെ കംസൻ പോലും ഉറങ്ങിപ്പോയി എന്നാണ് അവിടുന്ന് വാളും കൊണ്ട് വരികയാണ് എന്ത് ഇവിടെ വരുമ്പോ വസുതയവർ പറഞ്ഞു പെൺകുട്ടിയാണ് ഈ കുട്ടിയെങ്കിലും വിട്ടു തരണം തന്റെ പുത്രന്മാരെയൊക്കെ ധൈര്യമായിട്ട് കൊടുത്തു ഇപ്പൊ എവിടുന്നോ ഒരു കുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ ഇതിനെ എന്റെ കൈ കൊടുക്കണോ കംസൻ ഒരു ക്ഷണ നേരം പിന്നെ വിട്ടില്ല കാലു പിടിച്ചു പൊന്തിച്ചു കയ്യിൽ നിന്നും മഹാമായ വഴുത്തിപ്പോയി അഷ്ട ഉപുജാംഗി മഹിഷസ്യ സശങ്കചക്രാവം ശരശൂലധാരിണിയും താം ദിവ്യയോഗിയും സഹജാത വേദസിയും ദുർഗാം സദാ ശരണമഹം പ്രപത്തി എട്ടു ഭുജങ്ങളോടുകൂടെ മൈഷാസുരമർദ്ദുനിയായ അംബിക അനേക ദിവ്യായുധങ്ങളോടുകൂടെ കംസന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഹേ മന്ദ ഈ സാധുക്കളെ ദ്രോഹിക്കരുത് തന്റെ അന്തകൻ എവിടെയോ പൂർവശത്രുവായ അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അറിഞ്ഞു കംസന് കുറച്ചു നേരം എന്താ പറ്റിയത് മനസ്സിലായില്ല എന്തോ ഒരു ഇന്ദ്രജാല പ്രകടനം പോലെ പിന്നീടാണ് ദേവകിയും വസുദേവരെയും അല്പം കരുണയോടുകൂടി നോക്കി ഞാൻ ആരോ പുളുഹടിച്ചത് കേട്ടിട്ട് ഈ ആറു കുട്ടികളെ കൊന്നുവല്ലോ അവരുടെ ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രമേ കള്ളം പറയുള്ളൂ എന്ന് വിചാരിച്ചു ദേവന്മാരും ഇപ്പൊ പുളിട്ടടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അഹോ ദൈവം അഭി അനൃതം വ്യക്തി ഇന്ന മദ്യവ കേവലം മനുഷ്യർ മാത്രമല്ല ദൈവവും ഇപ്പൊ കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വസുദേവരോടും ദേവകിയോടും ക്ഷമായാചനം ചെയ്തു കുറച്ചു നേരത്തേക്കേ ഉള്ളൂ ആ നല്ല ബുദ്ധിയൊക്കെ ക്ഷമയാചനം ചെയ്തിട്ട് വസുദേവനോട് കംസൻ പറഞ്ഞു എല്ലാരും അവരവരുടെ പ്രാരബ്ധം അനുഭവിക്കണം ആരും ആരെയും കൊല്ലണമൊന്നുമില്ല ഒന്നും ചെയ്യണില്ല ഒക്കെ കർമ്മം അവരവരുടെ പ്രാരബ്ധ കർമ്മം അനുസരിച്ച് അവരവർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി ഇനിയിപ്പൊ എന്താ ചെയ്യാം എവിടെയോ വിഷ്ണു ജനിച്ചിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിക്കും അദ്ദേഹം മീറ്റിംഗ് കൂടി അദ്ദേഹത്തിന്റെ മന്ത്രിമാരോ അവരോ ഉണ്ട് എല്ലാരോടും ചോദിച്ചു എന്താ ചെയ്യ ആദ്യം ദേവന്മാരുടെ ശക്തി ക്ഷയിപ്പിക്കണം അതിനെന്ത് വേണം ബ്രാഹ്മണരെ കണ്ട കണ്ടെടുത്ത് വെച്ച് അടിക്കണം ബ്രഹ്മഹത്യ ഗോഹത്യ ചെയ്യണം ഋഷി വിഹിംസനം ഋഷികളെ ഹിംസിക്കണം യാഗം യജ്ഞങ്ങളൊക്കെ അവസാനിപ്പിക്കണം പശുക്കളെ കൊല്ലണം പാല് ശരിക്ക് കിട്ടാതെ ആക്കണം നമ്മളൊക്കെ അത് പൊടിയാക്കി പാക്കറ്റാക്കി വേറെ കൊടുക്കണം ശരിയായ പാൽ എവിടെയും കിട്ടാൻ പാടില്ല ശരിയായ പശു ഉണ്ടാവാൻ പാടില്ല പശുവിന്റെ പ്രസവ മാറ്റിയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് പ്രസവിപ്പിക്കണം എല്ലാ യജ്ഞ യാഗ ദ്രവ്യങ്ങളെയും അശുദ്ധമാക്കി ആകെപ്പാടം മാറ്റി മറിച്ചാലേ നമുക്ക് ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ തന്നെ പരിപാടി എല്ലാം മാറ്റി വേറെ രീതിയിലാക്കാം ആളുകൾക്ക് ദ്രവ്യങ്ങൾ യജ്ഞദ്രവ്യങ്ങൾ കിട്ടാതെ ആക്കണം ബ്രാഹ്മണരെ ഒക്കെ കണ്ട കണ്ടെടുത്ത് വെച്ച് ബീക്കണം അവരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കണത് യാഗം ചെയ്യൂ പറഞ്ഞിട്ട് എന്നിട്ട് വേണമെങ്കിൽ അവരെയൊക്കെ ഭോഗികളായിട്ട് മാറ്റാം പലതും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അപ്പോൾ അവരോടുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെടും അങ്ങനെയും ചെയ്യണം അവരുടെ തപസ്സൊക്കെ കളയണം അവരുടെ മാർഗരീതികളൊക്കെ മാറ്റി അവരെയൊക്കെ ഭോഗികളാക്കിയാൽ ആളുകൾക്ക് അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെടും ഇങ്ങനെ ആകെപ്പാട് ഈ സദാചാര മുഴുവൻ തൊലച്ചു പിന്നെ ജനിക്കുന്ന കുട്ടികളെയൊക്കെ കൊല്ലാം അതൊരു പ്രോജക്റ്റായിട്ട് പൂതനയ്ക്ക് കൊടുത്തു അവളും പുറപ്പെട്ടു ഇങ്ങനെയെല്ലാം ഏർപ്പാടാക്കിയ സമയത്താണ് വൃന്ദാവനത്തിൽ ഗോകുലത്തിൽ ആനന്ദക്കൂത്ത് കൃഷ്ണൻ ജനിച്ചതിന്റെ ആനന്ദക്കൂത്ത് നമ്മളത് കൃഷ്ണ ജനനം മുതൽ ഗോകുലവാസം മുതൽ അടുത്ത പ്രഭാഷണത്തിൽ കാണാം